മൂസ അലിഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭമോർക്കുക എന്റെ ജനതയെ ഞാൻ അള്ളാഹു സുബഹാനഹൂവറ്റ് ആലായുടെ ദൂതനാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നിട്ടും നിങ്ങൾ എന്തിനാണെന്നെ ഉപദ്രവിക്കുന്നത് അവർ വഴിപിഴച്ചപ്പോൾ അള്ളാഹു സുബഹാനഹൂവറ്റ് ആല അവരുടെ ഹൃദയങ്ങളെ വഴിപിഴപ്പിച്ചു ദുർമാർഗികളായ ജനതയെ അള്ളാഹുസുബാനഹൂവറ്റ് ആല നേർവഴിയിലാക്കില്ല